ഇന്ത്യയിലെ പ്രശസ്ത സംഗീതജ്ഞർ കർണാട്ടിക് വോക്കൾ എം എസ് സുബലക്ഷ്മി എം എൽ വസന്തകുമാരി ഡി കെ പട്ടന്മാൾ ബാലമുരളി കൃഷ്ണ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അരിയകുടി ചെമ്മങ്കുടി ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ പണ്ഡിറ്റ് ജസ് പ്രവീൺ സുൽത്താന ഭീംസെൻ ജോഷി കുമാർ ഗാന്ധർവ വീണ ചിട്ടിബാബു മൈസൂർ ദൊരൈസ്വാമി അയ്യങ്കാർ സിത്താർ രവിശങ്കർ മുസ്താഖ് അലിഖാൻ വിലായത് ഖാൻ സരോത് അംജദ് അലിഖാൻ അലി അക്ബർ ഖാൻ വയലിൻ ടി ചൌഡയ്യ ടി എൻ കൃഷ്ണൻ ദുരം വെങ്കിടസ്വാമി നായിഡു ലാൽഗുഡി ജയരാമൻ കന്യാകുമാരി കുന്നൈക്കുടി വൈദ്യനാഥൻ ഫ്ളൂട്ട് ഹരിപ്രസാദ് ചൌരസ്യ ടി ആർ മഹാലിംഗം ഷഹനായി ബാദ ഗുലാം അലി ബിസ്മില്ല ഖാൻ നാഗസ്വരം രാജരത്നംപിള്ള ഷേഖ് ചിന്നമൌലാന അമ്പലപ്പുഴ പ്രദേശത്ത് മൃദംഗം പാലക്കാട് മണിയയ്യർ മാവേലിക്കര വേലക്കുട്ടി നായർ ഖടം ക്ലാദി അയ്യർ പഴനി കൃഷ്ണ അയ്യർ തബല അല്ലാ രഖ സക്കിർ ഹുസൈൻ